അങ്ങനെ അദ്ദേഹം അവരിൽ നിന്ന് തിരിഞ്ഞുപോയിക്കൊണ്ട് പറഞ്ഞു എന്റെ ജനതയെ എന്റെ രക്ഷിതാവിന്റെ സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്കെത്തിച്ചുതന്നു ഞാൻ നിങ്ങൾക്കുപദേശവും നൽകി അങ്ങനെയെങ്കിൽ സത്യനിഷേധികളായ ഒരു ജനതയെ ഞാൻ എങ്ങനെ ദുഃഖിക്കും